അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എന്നോടുതന്നെ അക്രമം ചെയ്തിരിക്കുന്നു അതിനാൽ എനിക്ക് പുറത്തു തരെയേ അള്ളാഹു സുബഹാനഹൂവ ചായാല അദ്ദേഹത്തിന് പുറത്തു നൽകി തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്